നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവൂല ഗവേഷണ പറഞ്ഞാൽ മനസ്സിലാവും കാരണം ഞങ്ങൾ അവിടുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പല കാര്യങ്ങളിലും ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അന്ന് കണ്ടേ ആൺഡേഴ്സം യൂണിവേഴ്സിറ്റിയിലെ പേപ്പറുകൾ കണ്ടത് ഇപ്പൊ തന്നെ സർവീസ് മിയർ പരീക്ഷണം ഒരു നമുക്ക് വേണ്ടി തന്നെ ആയുർവേദ മരുന്നുകൾ തന്നെ അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ കണ്ടൊരു കാഴ്ച ഒരു തവണ എലിയെ കിട്ടിയില്ല അതുകൊണ്ട് എലിയെ പിടിച്ചുകൊണ്ടിരാനുള്ളവന് കാശം കൊടുത്തുവിട്ടപ്പോൾ അവൻ നാടൻ കള്ളലികളെ ഓടകളിൽ നിന്നൊക്കെ പിടിച്ചോണ്ടുവന്നു അത് നല്ലപോലെ വൃത്തിയാക്കി കഴുകി റെഡിയാക്കി വളർത്തി കാണുന്ന ചേച്ചുകൊണ്ടുവന്നു പതിവിനുപരീതമായി ഒരു ടൈഫോൺ ഡയബറ്റിസിനുള്ള അലക്സാൻഡ് കുത്തിവയ്ക്കുമ്പോൾ എൺപത് ശതമാനം എലികൾക്ക് പ്രമേഹം പിടിപെട്ടിടത്ത് മുപ്പത് ശതമാനത്തിനെ പിടിപെട്ടുള്ളൂ ശക്തമായ മരുന്നുകൾ കയറ്റിയിട്ടും മുപ്പത് ശതമാനം മാത്രം പിടിപെട്ട പോവനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ വെച്ചാൽ പറഞ്ഞത് ജനിതകലി മോട്ടിവേറ്റഡല്ല നാടൻ വെള്ളലികളാണ് മനസ്സിലായില്ല അപ്പൊ അവർ നോക്കിയപ്പോ ആ വെള്ളലികളിൽ ഒരു വിഭാഗത്തിന് സ്നേഹിൽ തീവർ ഉണ്ടാക്കുന്ന വൈറസുകളുടെ ബാധയുണ്ടായിരുന്നു അത് ശാസ്ത്രലോകത്തെ വലിയൊരു വഴിത്തിരിവിന് കാരണമായി വൈറസുകളും അമീപകളും ബാക്ടീരിയകളും തന്നെ ചികിത്സാരംഗത്ത് വളരെ പ്രയോജനപ്പെടുമെന്ന് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് പ്രാചീനതെങ്ങനെയാണ് പണം മുടക്കാതെ തൻ്റെ കുട്ടികളെ രോഗത്തിനെതിരെ നിർത്തിയിരുന്നത് പരിചയമില്ലാത്ത ഒരാൾ ഏത്തക്കയും പാലും കൂടെ കഴിച്ചാൽ രോഗിയാവും വയറ് ബൊമ്മടന്നാവും മനസ്സിലായില്ല കാരണം ഇത് രണ്ടും വിരുദ്ധമാണ് അതൊരുപാട് ഓട്ടോടോക്സിൻസ് ഉണ്ടാകും ശരീരത്തിൽ എന്നാൽ കേരളത്തിലെ കുട്ടികൾക്ക് ഇത് ഉണക്കി പൊടിച്ച് പാലിൽ കലക്കിക്കൊടുത്തു മനസ്സിലായില്ല അതുകൊണ്ട് ഒട്ടേറെ ഓട്ടോടോക്സിനുകളെ അവർ അതിജീവിക്കും ഇതൊക്കെ ആഹാരത്തിലൂടെ അറിഞ്ഞ അവർ ചെയ്തത് മനുഷ്യശാസ്ത്രം മനുഷ്യനെ അവന്റെ ചുറ്റുപാടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്ന് പഠിപ്പിക്കുകയും പ്രകൃതിക്ക് അനുഗുണമായി ചിരിക്കുവാൻ അനുവദിക്കാതിരിക്കുകയും അതീതമായൊരു ജീവിത രീതി രൂപാന്തരപ്പെടുത്തുകയും ചെയ്തതോടുകൂടി വസ്തുക്കളിന്മേലുള്ള അവന്റെ അധാത്മീയ ഭാവം ശക്തമാക്കിയിരുകയും അതിൽ നിന്ന് മാറി നിൽക്കുവാൻ ഉപദേശങ്ങൾ കിട്ടുകയും ചെയ്യുമ്പോൾ മാറി നിന്ന് ജനിതകങ്ങൾ അടുത്ത തലമുറയിൽ എത്തുമ്പോൾ ഇതിനേക്കാൾ ഇതാണ് ശാസ്ത്രം ഉളവാക്കുന്ന കെണി വെള്ളമില്ലാതെ തീയില്ലാതെ വായുവില്ലാതെ ആകാശമില്ലാതെ മണ്ണില്ലാതെ മനുഷ്യന് ജീവിക്കാനാവില്ല അവയുടെ ഭിന്ന ഭിന്ന ചർച്ചകളും അവയുടെ പ്രത്യേക അനുപാതങ്ങളിലുള്ള വസ്തുജാലങ്ങളും ഒഴിവാക്കി അവതന്നെയായ മനുഷ്യൻ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ജീവിക്കുക എന്നതിനു മുമ്പിൽ മരണമെന്ന പ്രഹേളിക കാത്തിരിക്കുന്നു എന്ന ശാസ്ത്ര ശാസ്ത്രജ്ഞൻ അറിയാതെ പോകുന്നു കാരണം നിങ്ങളും ഞാനുമെല്ലാം പ്രദ്യോവായുവാകാശങ്ങളാണ് ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം ഈ അഞ്ചെണ്ണത്തിൻ്റെ വ്യത്യസ്ത അനുപാതങ്ങളുടെ തുകയാണ് അതിൽ ചിലതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവ തന്നെയായി നമ്മൾ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളിലൂടെ എത്തിപ്പെടുന്നത് ജീവിതത്തിലേക്കല്ല മൃത്യുയിലേക്കാണോ എന്ന് മാറ്റി നിർത്തി പഠിക്കരുതെന്ന് മനസ്സിലും വാക്കിലും എവിടെയെല്ലാമാണോ അറിവുണ്ട് എന്ന് ധരിക്കുന്നവർ എല്ലാറ്റിനെയും മാറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്നത് ആ പ്രേരണകളാണ് നിങ്ങളുടെ ബീജങ്ങളായി വീഴുന്നതും അവ അളവും വെള്ളവും ലഭിക്കുമ്പോൾ വളരുന്നതും അവ നിങ്ങളെ മൃത്യുവിലേക്ക് നയിക്കുന്നതും അന്ധവിശ്വാസമൊക്കെ പൊരുത്തപ്പെടുവോ പഠിപ്പുള്ള നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ ഇത്രയും കടുത്ത് അന്ധവിശ്വാസം കേൾക്കാൻ വന്നിരിക്കുന്നത് കഷ്ടമല്ലേ അത് വളരെ ആലോചിക്കണം ഇപ്പൊ ചിലത് പൂർണമായി മാറി നിൽക്കുവാൻ പറയുന്ന ചിലത് തൊക്കിലാണ് തകരാറുണ്ടാക്കുന്നത് ചിലത് ശ്വാസകോശത്തിലാണ് തകരാറുണ്ടാക്കുന്നത് സ്വക്കിലും ശ്വാസകോശത്തിലുമെല്ലാം തകരാറുണ്ടാക്കുന്ന പദാർത്ഥങ്ങളോട് എങ്ങനെ ഈ എതിർപ്പുണ്ടായി എന്ന കാരണത്തെ കണ്ടുപിടിക്കുന്നതിന് പര്യാപ്തമായ ജനിതക പഠനങ്ങൾ ആധുനികരുടെ ഇടയിൽ ഇനിയും വ്യക്തമായി വളർന്നു കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പ്രാചീനത പറയേണ്ടി വന്നത് മാറി നിന്നോളം പറഞ്ഞിരിക്ക മാത്രമേ ഉള്ളൂ അലർജി ടെസ്റ്റിനടത്തും ഇന്ന് മുതല് ഗോതമ്പ് ഉപയോഗിക്കണ്ട ശരിയല്ല നാളെ മുതല് പച്ചവെള്ളത്തിൽ കുളിക്കണ്ട വേറെ കുളിക്കുന്ന കാര്യം പറയുമ്പോ മുതല നീ കുളിക്കുകയേ വേണ്ട ശരിയല്ല ഇങ്ങനെയൊക്കെയുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് കേരളീയർക്ക് പഴയ കാലത്തൊക്കെ ഇവന്റെ അച്ഛനും അപ്പൂപ്പനോ ഒക്കെ ഈ വെള്ളം കൊണ്ട് ശൗര്യം ചെയ്തിരുന്നവരാണ് ഈ പുതിയ പഠിപ്പും കഴിഞ്ഞ് വന്നപ്പോ പലർക്കും പ്രശ്നത്തിൽ വെള്ളം തൊടാൻ പറ്റില്ല അലർജിയാണ് വീട് വിരുത്തനെ കിടക്കും അലർജിയാണ് ബുധത്തിൽ മുഴ മുഴകളാണ് മരുന്നിന് വന്നപ്പോ പറഞ്ഞു നാൽപ്പാമലത്തോഴിച്ച് കൊണ്ട വെള്ളം കൊണ്ടാത്തി ഒന്ന് കഴുക എന്ന് പറയും വെള്ളം തുടാൻ പറ്റില്ല അപ്പൊ ഈ ഇത്രയും കാലമായിട്ട് എന്താ ചെയ്യാ അത് തുടക്കിയാണെന്നാണ് സായിപ്പ് നമുക്ക് തന്ന ഒരു വരദാനമാണ് ഈ പുരോഗതിയുടെ ഭാഗമായി സായിപ്പിനെ കണ്ടുപിടിക്കാൻ നമുക്ക് തന്ന വലിയൊരു സാധനമാണിത് ശൗചഹീനത്വം അത്ര ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് എന്താണ് ഈ വിദേശഭരണമൊക്കെ തന്ന ഗുണം ചോദിച്ചാൽ നാടൻ ഭാഷയെ പറഞ്ഞാൽ തൃപ്പൂണിത്തറക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ സൂറിയാ ചമതിക്കണ്ടെന്നും പഠിപ്പിച്ചു എന്നും അല്ലേ അതെന്നേ അതവിടെ ചങ്ങനാശ്ശേരി ഇത് തൃപ്പൂണിത്തറ അങ്ങനെ പുള്ളിയാണ് അങ്ങനെയാണെന്ന് തോന്നുന്നു നിങ്ങൾ ആരും അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നോക്കിയ അലർജികളായി വരുന്നതെല്ലാം അവർ പഠിച്ചത് ബോധത്തിൽ നാണെന്നാണ് അതിനാണ് ഞാൻ ആ രണ്ടുദാഹരണം പറഞ്ഞത് ശ്വേതജേതുവിന്റെ നിങ്ങളുടെ മറന്ന് കാണും ഏഴുദാഹരണങ്ങളാണ് അവിടെയുള്ളത് <ne> ും വേണ്ട സൂചന കൊണ്ട് കാര്യം മനസ്സിലാകുന്നത് കൊണ്ട് അത്രയൊക്കെ മറിയാവും അവിടെ പഠിപ്പിച്ചത് ഇതെല്ലാം നീ തന്നെയാണ് ആ ഒരു ബോധം കുട്ടിക്കാലത്ത് കിട്ടിയാൽ കാണുന്ന പല അലർജികളും ഇല്ലാതാവും ഇപ്പൊ തൊഴിലും അതുളവാക്കുന്ന വാസനകളും സംസ്കാരവും അതിനെ ആസ്പദമാക്കി ഉളവാകുന്ന സ്ഥൂല സൂക്ഷ്മ കാരണ ശരീര താതാത്മ്യങ്ങളും ഈ പദങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാൻ പ്രയാസം ചിലപ്പം വരിക ഒന്ന് ജീവിതരീതി ജീവിതരീതി സംസ്കാരം ഉണ്ടാക്കുമെന്ന് തൊഴില് ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നിരന്തരമായി കേൾക്കുന്ന വാക്കുകൾ വാക്കിന്റെ സംസ്കാരത്തെ ഉണ്ടാക്കും ഒരു കുട്ടി അവൻ വളരുന്ന വീട് ഷാപ്പിനെടുത്താണെങ്കിൽ അച്ഛനെയും അമ്മയൊക്കെ വൈകുന്നേരം വിളിക്കുന്നത് പൊന്നുമോനെന്ന് വിളിക്കുന്നത് നല്ല രസമായിരിക്കും സ്നേഹപൂർവ്വം വിളിക്കും പഴയ കാലത്ത് സിപിയുടെ പോലീസിൽ പട്ടയപ്പെട്ടവൻ വീട്ടിലോട്ട് വന്നാൽ ഏ ഭാര്യയും പിള്ളേരെയും ഒക്കെ വിളിക്കുന്നത് വളരെ സ്നേഹത്തോടെ പോലീസുകാരുടെ മക്കളുണ്ടോ ഇല്ല ഭാര്യമാരുണ്ടോ ഇല്ല പഴയ പഴയ പോലീസ് ഇവിടുത്തെ കുറച്ച് മാറി എന്നാലും സിറ്റി പോലീസിന്റെ ഒരു സംസ്കാരം കുറച്ചൊക്കെ ഉണ്ട് അല്ലെ സംസ്കാരം പൂർണ്ണമായും വിട്ടുപോകുമെന്ന് തോന്നില്ല ചെറുതായിട്ടുണ്ട് ആ മുട്ടുവരെയുണ്ടായിരുന്ന നിക്കറ് താഴോട്ട് മാറിയത് കൂടി കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് സിബി പോലീസിനെ കണ്ടിട്ടുണ്ടോ ഇല്ല ആ മുട്ടുവരെയുള്ള നിക്കറ് കൂടിയിട്ട് ഒരു കൂമ്പൻ തൊപ്പിയൊക്കെ വെച്ച് ഏ ആ തൊപ്പിയൊക്കെ വെച്ച് വിളിക്കുന്നത് നല്ല ഭാഷയാണ് നികുവിലുള്ള ഭാഷയല്ല വിളിക്കുക അത് മാറിയിട്ടുണ്ട് കാരണം വാക്ക് സംസ്കാരം ഉണ്ടാകും ഇപ്പൊ നമ്മൾ എവിടെയാണ് തൊഴിൽ ചെയ്യുന്നത് ഏത് തരത്തിലാണ് ജീവിതരീതി ജീവിതരീതിയും തൊഴിലും ഉളവാക്കുന്ന വാസനകളും ആ വാസന സൂക്ഷ്മ ശരീരത്തിൽ താതാത്മ്യം പ്രാപിക്കുമ്പോഴുണ്ടാക്കുന്ന സംസ്കാരവും സ്വപ്നങ്ങളെല്ലാം സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ് ിൽ നിന്ന് വരുന്നതാണ് ആ സ്വപ്നങ്ങളുടെയും സുഷുദ്ധിയുടെയും ജാഗ്രത്തിന്റെയും തലത്തിലെ ശരീരങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുകയും അങ്ങനെയുള്ള സ്ഥൂല കാരണ ശരീര താതാത്മ്യം ജാഗ്രതത്തിലേക്കൊരു ചിലർക്ക് തെളിയില്ല മനസ്സിലല്ല ചിലർക്ക് ജാഗ്രതത്തിൽ തെളിവില്ല സ്വപ്നത്തിൽ ഉണ്ടാവും നല്ല തെറിനാവേ വന്നിരിക്കും പക്ഷെ മധുരമായി പുറമേ സംസാരിക്കും മനസ്സിലായില്ല ഇങ്ങനെയുള്ളൊരു വയസ്സാവുമ്പോ ഈ സ്വപ്നം ജാഗ്രത്തിനെ ഭരിക്കുമ്പോഴാണ് അന്ന് വരെ ഒരു തെറിയും പറയാത്തയാറുള്ള തെരുവ് ഞങ്ങളൊരു സാമികടെയുണ്ട് ഉള്ളിലടയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ പഴയ കാലത്ത് മോനെ മക്കളെ നടുവിളിക്ക് നല്ല വേദാന്തോപദേശം കൊടുത്തിരുന്ന ആളാണ് ഇപ്പൊ അദ്ദേഹം വലത്തെറിയാണ് ഇപ്പൊ കാണുന്ന ആളുകൾ ഓടുക അപ്പൊ ചിലര് പറയുന്നത് ഇപ്പൊ സ്വാമിക്ക് ബോധം ഇല്ല എന്നാണ് പക്ഷെ നല്ല കുടിയന്മാർ എന്നാ പറയുന്നത് ഇപ്പോഴാണ് സ്വാമിക്ക് ബോധമുണ്ടായിരുന്ന ഇതുവരെ ബോധമില്ലായിരുന്നാണ് ഇങ്ങനെ വീട്ടിൽ വല്ലവരെയോ വെല്ലുമ്പോരെയോ കണ്ടിട്ടുണ്ടാവും എന്ത് പറ്റി എന്നറിയില്ല ഒരു ചീത്ത ഒരു മനുഷ്യനെ പറഞ്ഞിട്ടുള്ള മനുഷ്യനല്ലങ്ങനെ ആ അങ്ങനെ പലതും ആണ് ഇതിന് കാരണതാണ് ആ സംസ്കാരത്തിൽ അവിടെ കിടക്കും സ്വപ്ന സംസ്കാരത്തിൽ ഇവൻ പുറത്തിറങ്ങും ചിലപ്പോ ഇടയ്ക്ക് ആളുകളൊന്നും ഇല്ലെങ്കിൽ ഭാര്യ പറയും ഉം അങ്ങനെ വരട്ടെ കയ്യിൽ ഇപ്പോഴല്ലേ മനുഷ്യ ും നിങ്ങൾ കേട്ടിട്ടില്ല അതിന്റെ കാരണതാണ് ഇപ്പൊ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീര താതാത്മ്യങ്ങളും ഒന്നും ഇന്ന് അംഗീകരിക്കാൻ ഭൗതിക ശാസ്ത്രം തയ്യാറായി കഴിഞ്ഞിട്ടില്ല അവയിൽ നിന്നുകൊണ്ടാണ് പ്രാചീന വൈദ്യശാസ്ത്രം ഇത് കണ്ടെത്തിയത് മെല്ലെ മെല്ലയെ സ്വപ്നം അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അർത്ഥത്തിൽ ഭൗതിക ശാസ്ത്രം എന്നത് തന്നെ ഇന്ദ്രിയ ജനിത അനുഭവങ്ങളിൽ കുടുക്കി അനന്തലോകങ്ങളെ സൃഷ്ടിച്ച് ആത്മബോധം മറന്ന് ഉളവായത് തന്നെയാണ് വലിയ വലിയ ഭ്രമങ്ങൾക്ക് ശാസ്ത്രമെന്ന അംഗീകാരം നൽകി തിരിച്ച് ത്മതുിയിലെത്താനാവാതെ ലോകം അതിവേഗം പലതായി വളർന്നുകൊണ്ടിരിക്കുന്നു അതാ ലോകം കണ്ടൊരു പ്രകൃഷ്ട കാരണം അതും ഞാൻ കഴിഞ്ഞ ക്ലാസിൽ പറഞ്ഞതാണ് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇപ്പോഴാണ് അതിൻ്റെ ശാസ്ത്രം ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ നിങ്ങൾ അരി വാങ്ങിക്കാൻ പോകുമ്പോ നിങ്ങൾ തുണി വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പെൻസിലും പേനയും വാങ്ങിക്കാൻ പോകുമ്പോ നിങ്ങൾ മൊബൈൽ വാങ്ങിക്കാൻ പോകുമ്പോ നിങ്ങൾ എങ്ങനെയാണ് വാങ്ങാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ഒരു പെൺകുട്ടി തുങ്ങിനിയില്ലാതെ മൊബൈലും പിടിച്ചു നിന്നാൽ നിങ്ങളെല്ലാം പോയി ആ മൊബൈൽ വാങ്ങിക്കും നിങ്ങളിൽ മൊബൈലല്ല പതിയുന്നത് ആ പെൺകുട്ടിയുടെ ചിത്രം ഇത് നാളെ ഉണരിൽ പൈസ കാലത്ത് ശാസ്ത്ര ഒരു മൊബൈൽ വാങ്ങിപ്പിച്ചതാ ഇതാണ് മൊബൈലു വാങ്ങി കുട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്തോ ഒരു കാറ് വാങ്ങിപ്പിക്കണമെങ്കിൽ കാറിന്റെ ചിത്രം കാണിച്ച് കാറ് പതുക്കെ രൂപാന്തരപ്പെട്ട് നഗ്നയായ ഒരു സ്ത്രീയായി മാറും അവളുടെ നൃത്തമായി മാറും ആ നൃത്തം മാറി ഓടുന്ന കാറായി മാറും മനസ്സിലായില്ല നിങ്ങൾ ആ കാറ് തന്നെ വേണമെന്ന് ക്ഷണിക്കും നിങ്ങൾക്ക് ആ കാറയിലിരിക്കുമ്പോ തോന്നലുണ്ടാവും ഈ ഓടുന്ന കാറൊരു പെൺകുട്ടിയാണെന്ന് ഭ്രാന്തിയിലാകാറോടിക്കുന്നത് ഭ്രാന്തിയിലാത് വാങ്ങിക്കുന്നത് ഭ്രാന്തിയിലാണ് ജീവിക്കുന്നത് ഈ ഭ്രാന്തി നിങ്ങളുടെ ജനിതകങ്ങളിൽ വിശ്ലേഷണം ചെയ്യപ്പെടുമ്പോൾ മാരക രോഗങ്ങൾ ശാസ്ത്രത്തിന് തന്ന രോഗങ്ങൾ തിരിച്ചെടുക്കാനാവില്ല മനസ്സിലാവുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നു ഏ ഇങ്ങനെ ചിന്തിച്ചാൽ മിക്കോറിയിൽ പോകുന്നതെല്ലാം ഭ്രാന്തന്മാരാണെന്ന് മനസ്സിലാവും മറിച്ച് അവിടെ ചെന്ന് കാറ് കണ്ടു കാറ് വാങ്ങിച്ചു ആവശ്യത്തിന് മൊബൈൽ ഫോൺ കണ്ടു മൊബൈൽ ആവശ്യമാണ് അതിനുള്ളൊരു മൊബൈൽ വാങ്ങിച്ചു അങ്ങനെയല്ല നിങ്ങൾ ഇന്ന് ഒന്നും ശാസ്ത്രം തന്നെ നിങ്ങളെ വാസനകളിൽ സ്വപ്നങ്ങളിൽ സങ്കീർണങ്ങളായ സംസ്കാരങ്ങളിൽ കുടുക്കി കൊല്ല ചെയ്യുന്നു അവിടെയാണ് ഈ വസ്തുക്കളോടെല്ലാമുള്ള അലർജിയുടെയും മറ്റുള്ളതിൻ്റെയും ഭാവതലങ്ങൾ രൂപാന്തരപ്പെടുന്നത് അതാണ് ജനിതക വിശ്ലേഷണങ്ങളിലേക്ക് കടന്നിരുന്നില്ലെന്നുള്ളത് ഞാൻ വളരെ എക്സ്പ്ലെയിൻ ചെയ്തതാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയല്ല നന്നായി പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ എന്ത് സാധനം നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിലും അതിന്റെ ക്വാളിറ്റി നിന്ന് ആർക്കും പ്രശ്നമല്ല പരസ്യം കണ്ടാൽ മതി നിങ്ങൾ സോപ്പ് ശരിയല്ല സ്വർണം വാങ്ങിക്കുന്നതും നിങ്ങളെയൊക്കെ കഴുത്തേക്ക് കിടക്കുന്ന സ്വർണം ശരിക്കും നോക്കിയാൽ അതിനകത്ത് ഒരു പവനുണ്ടെങ്കിൽ ഒരു തൊള്ളായിരം രൂപയുടെ സ്വർണമേ ഉള്ളൂ ഒരു പവനിൽ ബാക്കി ക്രോമിയമോ കാട്ട്മിയമോ ഒക്കെയാണ് അത് ആസിഡിൽ ലയിക്കുകയില്ല പഴയകാലത്ത് സ്വർണ്ണത്തിൽ ചേർക്കുന്ന സാധനങ്ങൾ ആസിഡിൽ ലയിപ്പിച്ചെടുക്കുക മാലിന്യമല്ല മനസ്സിലായില്ല അങ്ങനെ വേർതിരിക്കാവുന്നവയായ കേസുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് നല്ല സ്വർണ കടക്കാർ ആസിഡിൽ ലയിക്കില്ലാത്ത സാധനം തന്നെ സ്വർണത്തിൽ ചേർക്കാൻ തുടങ്ങും ശാസ്ത്രം ഉപയോഗിച്ച് ശാസ്ത്രീയമായി കളിപ്പിക്കുക പഴയ കാലത്ത് സ്വർണം മേടിച്ചു കൊടുത്താല് അവിടെ നിന്ന് ഒലയഭൂതി ഉണ്ടാക്കുന്ന തട്ടാൻ എളിയിലൊരൽപ്പം വെച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ ഉരുക്കി കൂതുമ്പോ കുറച്ചാ ഉമിത്തിക്കാത്ത വീഴുകയോ ഒക്കെ ചെയ്തിട്ട് അവസാനം ഈ ചാരവും മണ്ണും ഒക്കെ അവൻ ഒരു ചില്ലറയും തന്നു അരിച്ചെടുത്ത് ഉപയോഗിക്കുക ഇത്രയേ ശരിയല്ല സ്രാപ്പ് സ്വർണത്തിന്റെ കച്ചവടം നിർത്തുകയും നിങ്ങൾ ബ്രാഹ്മണൻ മുതല് താഴെ വരെയുള്ളവൻ സ്വർണ്ണ കച്ചവടക്കാരനായി മാറിയതോടുകൂടി സകല കള്ളത്തരവും വരികയും ചെയ്തു സ്രാപ്പിനേക്കാൾ സമർത്ഥമായി ശരിയല്ല അപ്പൊ നിങ്ങക്ക് ബോധ്യമാകും പഴയ ആളുകൾ പറഞ്ഞത് ശരിയാണ് സ്വധർമ്മമേ ചെയ്യാവൂ അല്ലെ വഞ്ചന ഉണ്ടാവും കുലത്തൊഴില് ചെയ്തിരുന്ന കാലങ്ങളിൽ മറ്റൊരു വഞ്ചിക്കാൻ മടിയുണ്ടായിരുന്നു ശരിയല്ല ശരിയല്ല ഇന്ന് എന്റേതല്ലാത്ത തൊഴിൽ ചെയ്യുമ്പോ കാശുമതി ആരെ വഞ്ചിക്കാനും മടിയില്ല ആ തൊഴിലിനോടോ അതിലെ വസ്തുക്കളോടോ പണിയുന്ന ഉപകരണത്തോടോ ശരിയല്ല വൈകുന്നേരമാകുമ്പോൾ ആ ഉപകരണം കഴുകി വെക്കണമെന്നോ അതിന് മിച്ചം വന്നോ സാധനം എടുത്തു വെക്കണമെന്നോ ദ്രവ്യം മനസ്സാണെന്നോ അത് നശിപ്പിക്കരുതെന്നോ ഒന്നും ഭാവമില്ലാത്ത വിധത്തിൽ വികലമായി നിങ്ങളുടെ തൊഴിൽ സംസ്കാരങ്ങളാകെ അവ ഒട്ടേറെ തൊഴിൽപരങ്ങളായ രോഗങ്ങൾക്ക് കാരണമായി Occupational Disease കോശങ്ങൾ നിങ്ങൾ ഒരു സിമെന്റ് കളയുമ്പോൾ ഒരു മണല് കളയുമ്പോൾ ഒരു ഷിക പൊട്ടിച്ചു കളയുമ്പോൾ ഒരു തേപ്പ് കണക്കിനല്ലാതെ തേക്കുമ്പോൾ അവയുടെ ഓരോ അംശങ്ങളും നിങ്ങളുടെ ദരിതക സ്മൃതികളിലേക്ക് സംസ്കാരങ്ങളായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ അവ നിങ്ങളുടെ പാഗോസൈറ്റ് വരുത്തിയ പരിണാമ ംവിധം വിഷങ്ങളെ നിങ്ങളിൽ തന്നെ വിസർജിച്ച് നിങ്ങൾക്കെതിരായി നടത്തുന്ന ഗൂഢാലോചനയുടെ ഇതിവൃത്തങ്ങളായി മാറിയപ്പോൾ മാരകരോഗത്തിലേക്ക് തൊഴിലും അതിന്റെ സംസ്കാരവും മാറിയെന്ന് യോജിക്കാൻ യോജിക്കാൻ യോജിക്കാൻ എമ്മിനി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടില്ല വസ്തുജാലങ്ങൾ മാത്രമല്ല ഒരു പേന താൻ എഴുതുകയും തന്നോടൊപ്പം കയ്യിലമർന്നിരിക്കുകയും വർഷങ്ങൾ തനിക്ക് കൂട്ടാവുകയും ചെയ്തുവെങ്കിൽ ആ തൂലികയെ കൈവടിയുവാൻ കഴിയില്ലാത്ത വിധമുള്ള ഒരു പാരസ്പര്യം അതിനോട് പുലർത്തിയിരുന്ന കാലങ്ങളിൽ വരാത്ത രോഗങ്ങൾ അത്രയും ത്രോയലേ സംസ്കാരത്തിലുണ്ടായി ഈ വസ്തുക്കൾ എറിയാൻ മടിച്ച കാലങ്ങളിൽ അച്ഛനും അമ്മയും ഒക്കെ വലിച്ചെറിയപ്പെട്ടിരുന്നില്ല ഇന്ന് ആ വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് ശീലിച്ചവർക്ക് അച്ഛനെയോ അമ്മയെയോ കുഞ്ഞിനെയോ വലിച്ചെറിയാൻ ബുദ്ധിമുട്ടില്ല അച്ഛനെയും അമ്മയെയും കുഞ്ഞിനെയും വലിച്ചെറിയാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു സംസ്കാരത്തിന് തൻ്റെ കോശങ്ങളെ തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള വിഷം കൊണ്ട് നശിപ്പിക്കുവാൻ ബുദ്ധിമുട്ടില്ല അവിടെയാണ് സൈക്കോളജിയുടെ പഠനങ്ങളിൽ ശാസ്ത്രം അതിന്റെ നിർണായക രീതിയിൽ കൈങ്കര്യത്തിനൊരുങ്ങുന്നത് എങ്ങനെയാണ് സംസ്കാരവും രോഗവും തമ്മിൽ ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് തൊഴിൽ ഫലങ്ങളായ ഡിസീസ് ഇത്ര കൂടിയത് ഇന്നലെ മനുഷ്യൻ നേരിട്ട് കഷ്ടപ്പെട്ട് ചെയ്തിരുന്ന തൊഴിലുകൾ പോലും രോഗമില്ലാതാക്കിയപ്പോൾ യന്ത്ര സംവിധാനങ്ങളോടുകൂടി മാറി നിന്ന് എല്ലാ പ്രിക്കോഷനോടും കൂടി ചെയ്യുന്ന ആധുനികന്റെ തൊഴിൽ സംസ്കാരത്തിനകത്ത് ഇത്രയേറെ രോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് മനസ്സിലായില്ല ഹ്യൂമൻ റിസോഴ്സിൽ ആദ്യം പഠിക്കേണ്ടത് കാരണം വസ്തുജാലങ്ങളെ വലിച്ചെറിഞ്ഞ് ചീലിച്ച ഒരു സംസ്കൃതിക്ക് അവന്റെ കോശങ്ങളോട് പോലും അവന്റെ പ്രാണനോട് പോലും പ്രതിബദ്ധതയില്ലാത്തൊരു രോഗത്തേക്ക് അവൻ മാറി മറിയുകയ താങ്ങി നിർത്തുവാനുള്ള അവന്റെ കഴിവ് നഷ്ടപ്പെടുകയും ധാരണാബലം നഷ്ടപ്പെടുകയും സസ്റ്റൈനബിലിറ്റി അത് ആരോഗ്യത്തെ താറുമാറാക്കുകയും ചെയ്തു കഴിഞ്ഞു വിദ്യാഭ്യാസം വ്യക്തിയുടെ സസ്റ്റൈനബിലിറ്റി വർദ്ധിപ്പിക്കണമായിരുന്നു ആധുനിക രീതിയിൽ വിദ്യാഭ്യാസം അവന്റെ സസ്റ്റൈനബിലിറ്റിയോ സസക്തബിലിറ്റിയോ രണ്ടും വർദ്ധിപ്പിച്ചില്ല എവിടെയാണ് രോഗങ്ങൾ വർധമാനമായ തോതിലെത്തിയത് അതുകൊണ്ട് വീട്ടിൽ പിള്ളേർക്ക് ഇനി രോഗം വരാതിരിക്കണമെങ്കിൽ സ്കൂളിൽ വിട്ടാൽ മാത്രം പോരാ അനൗപചാരികമായി ഇതൊക്കെ പഠിപ്പിച്ചെടുത്താലേ രക്ഷയുള്ളൂ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ ഇത് കിട്ടില്ല ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ സങ്കേതങ്ങളിലൊന്നും മാനവചേതനയും അതിന്റെ പരിണാമ ഭേദങ്ങളും ഇല്ല പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും പഠിപ്പിക്കാൻ അയക്കുന്നവനും പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നവനും പഠിക്കാനുള്ള ഉപകരണങ്ങളും എല്ലാം ചേതനയില്ലാത്ത ദ്രവ്യങ്ങളായി രൂപാന്തരപ്പെട്ട് ഒരു സംസ്കൃതിക്ക് ആതുരത്വം സ്വാഭാവികമാണ് ദഹിച്ചു കയറും നല്ല അഗ്നിബലമുള്ളവനെ ഇതൊക്കെ ദഹിക്കുകയുള്ളൂ നല്ല അഗ്നിബലമുള്ളവനെ ദഹിക്കുന്ന കാര്യങ്ങളായി പറയുന്നത് മന്ദാഗ്തികൾക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് അഗ്നി ജരിലത്തിലുണ്ടെങ്കിലേ ഇതൊക്കെ ദഹിച്ചു കിട്ടുകയുള്ളൂ ഉണ്ടോ അപ്പോ ആ ഒരു തലത്തിലായിരുന്നു വിദ്യാഭ്യാസം നിൽക്കുന്നത് അപ്പോൾ അവന്റെ അജ്ഞാനം ഒഴിച്ച് അവന്റെ ഇന്ദ്രിയ വിഷയമായ സമസ്ത രകത്തും ശത്രുവാണെന്നാണ് ശാസ്ത്രങ്ങളെ പഠിപ്പിക്കുന്നത് പഴയ കാലത്ത് ശത്രുക്കളായി ഒട്ടേറെ കാര്യങ്ങൾ ആഘോഷിക്കാനിരിക്കുന്ന നേരം വെളുത്ത തവള ശത്രുവാണ് ശരിയല്ല എലി ശത്രുവാണ് കൊതുക് ശത്രുവാണ് കൊതുകുവിനെ കൊണ്ട കുത്തിയിട്ടെങ്കിലും ആണ് മുസമാറ്റോ ശത്രുവാണ് അച്ഛൻ ശത്രുവാണ് അമ്മ ശത്രുവാണ് ഭാര്യ ശത്രുവാണ് ഭർത്താവ് ശത്രുവാണ് തുണി ശത്രുവാണ് സമസ്ത ജലത്വം ശത്രുവാണ് അവഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യും തോറും ശങ്കയും ശത്രുതയും പഠിപ്പിൻ്റെ അവാന്തര വിഭൂതിയായി മാറിക്കഴിഞ്ഞു അതിൽ വളരെ രസം തരിച്ചാൽ പണ്ട് കപ്പക്കിഴങ്ങ് കഴുകാതെ തിളപ്പിച്ച് നിന്നവരൊക്കെ ഒരു പത്ത് രൂപ ഉണ്ടായി കഴിഞ്ഞ് മക്കളൊരു ഇംഗ്ലീഷ് മീഡിയത്തിലും പോയി വന്നു കഴിഞ്ഞാൽ എടുത്ത് കളയ തമിഴൻ മൂക്കു ചീറ്റി വേർപൊഴുകി ചവിട്ടിക്കൂട്ടി കൊഴച്ച മൈല കൊണ്ടുണ്ടാക്കിയ ബ്രെഡ് കടയെ കൊണ്ടുവച്ചിട്ടത് കൂത്ത് കഴിഞ്ഞ് വീണ്ടും വെയിലത്തിൽ ഉണക്കി പൊടിച്ച് അതിൻ്റെ അടുത്ത് തേങ്ങാ കൊത്തുവാക്കി ഭംഗിയിലൊരു കവറുമൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ചു വന്നാൽ തേങ്ങാ ബർഫി ദൂരകള എന്ന് പറഞ്ഞ കപ്പയും ചക്കയും മാമ്പഴവും ഒക്കെ മുറ്റത്തു നിന്ന് കിട്ടിയതൊക്കെ മേടിച്ച് ദൂരം കളയുന്ന ശരിയല്ല കള്ളമാർ മേടിക്കുന്ന ഇതൊന്നും തിന്നരുത് അപ്പോഴ അമ്പലത്തിൽ പോയപ്പോ പ്രസാദ പള്ളിയിൽ പോയപ്പോ ഇന്നടത്ത് നിന്നത് ആള് തന്ന അല്ലെങ്കിൽ ആ പൂജാരി ഇരുന്നതാണ് പഴം കതലിപ്പഴ ഇതൊന്നും തിന്നരുത് ദൂരക്കിള കണ്ടൊരു കരുന്ന് നോക്കാം മേടിച്ച് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് രോഗമുണ്ടാവും റെയിൽവേ സ്റ്റേഷന്റെ അവിടെ അമേരിക്കയിൽ ഉണ്ടാക്കിയിട്ട് അമ്പത് കൊല്ലം മുമ്പ് ഇങ്ങോട്ടായിട്ട് സാധനം ലേസ് മേടിച്ച് തള്ളയും മോഡുകൂടെ തിന്നുക ഞാൻ പറഞ്ഞത് അടുത്ത വീട്ടിലെ സ്ത്രീയോ പുരുഷനോ നന്നായി പാലുകയും ഒരു ആഹാരം തന്നാൽ അതൊക്കെ കഴിക്കരുത് പക്ഷെ ഇതിനകത്ത് എന്താണെന്ന് ഒന്നും അറിയില്ല അമേരിക്കയിലെ മൊത്തമല്ല എങ്ങനെയാണോ നോണിയാണോ സ്ത്രീകൾ തന്നെ വല്ലാതെ കണ്ടുപിടിച്ച് നോക്കുന്നത് എനിക്കല്ല കുഴപ്പം നിങ്ങൾ പുരുഷന്മാർക്കാണ് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് തല്ലുണ്ടാവും വീട്ടിൽ നിന്ന് പിന്നെ തള്ളെ കൊണ്ട് പറയിപ്പിച്ചത് പോരാനിട്ട ഇതിനെ കൊണ്ട് പറയിപ്പിക്കാൻ കൊണ്ട് വന്നു അതിന്റെ വകുപ്പിൽ രണ്ടടിക്ക് വഴിയുണ്ട് തയ്യാറായൊക്കെ ഇരിക്കുന്നവരെ ആ ദിവസം ഒറ്റയ്ക്ക് ഒന്ന് കേട്ടതാണ് നീൻ കൂടെ ഞാൻ ചിലത് സ്വാമിയുടെ പ്രവാഹങ്ങൾകര കഴിയുന്ന മനസ്സിലായത് ശരിയല്ല ശരിയല്ല നല്ലതാണ് അതുകൊണ്ട് ജഗത്തിനെ പഠിക്കുമ്പോൾ എല്ലാം ശത്രുവാണ് ആ സ്വഭാവം മാറ്റുക അത് വിചാരിക്കുന്നവർ അത് കണ്ടെത്തിയവർ എല്ലാം ശത്രുവാണെന്ന് വിചാരിക്കുക ശത്രുവാണെന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തുക അത് പഠിപ്പിക്കുക ഇവരെല്ലാം നിരന്തരമായി ലോകത്തെ ഭയപ്പെടുത്തി അറിയിക്കുന്നു അവയോട് അറിഞ്ഞും അറിയാതെയും ഇടപഴകി ജീവിക്കേണ്ടി വരുമ്പോൾ നേരത്തെ മസ്തിഷ്കത്തിലേക്ക് ആവാഹിച്ചെത്തിയ ഭയം ഉണരുകയും ആ കടക്കുന്ന വസ്തുവിനെ പുറത്തേക്ക് തള്ളിക്കളയുന്നതിനുള്ള സ്രവങ്ങൾ അത്രയും ആന്തരികമായി ഉൽപ്പാദിപ്പിക്കുകയും ഉൽപാദിച്ച വസ്തുവും അവയും ചേർന്ന് വിഷമയമായിത്തീരുകയും ചെയ്യുന്നു കരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വസ്തു ഇന്നതിന്നത് ഇന്ന കെമിക്കലുമായി ചേരുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നതാണ് എന്ന രീതിയിലല്ലാതെ ആയുർവേദത്തിന്റെ പേരിലോ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പേരിലോ അരുത് കാരണമില്ലാതെ വിശ്വാസങ്ങളായി അകത്തെത്തിയാൽ പിന്നീട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കഴിക്കേണ്ടി വരികയും കഴിക്കരുത് ശക്തമായ നിർദ്ദേശം കിടക്കുകയും ചെയ്താൽ സമയത്ത് ശരീരം വിസർജിക്കുന്ന വിഷങ്ങൾ തന്നെ മാരട രോഗങ്ങൾക്ക് കാരണമായി തീരുന്നു അവിടെ ഏത് പദ്യത്തിനും കാരണമുണ്ടാവണം മനസ്സിലായില്ല വൈ എന്തുകൊണ്ട് അതാണ് പ്രാചീനന്റെ കണ്ണിലെ പ്രത്യേകത ചേമ്പ് എന്തുകൊണ്ട് പ്രഷർ കുക്കറിൽ വേവിക്കരുത് ോണം ഉണ്ടാക്കും ഇനി പ്രഷർ കുക്കറിൽ വേവിച്ച് കഴിച്ചാലോ വെള്ളം നല്ല പോലെ കുടിച്ചോണം ഒരു വീട്ടിൽ ചെന്നു ചേമ്പ് കറി വെച്ചു വിളമ്പി തന്നു അവർക്കറിയില്ലായിരുന്നു പ്രഷർ കുക്കറിൽ വേവിക്കരുതെന്ന് പ്രഷർ കുക്കറിൽ വെള്ളം കുടിച്ചോണം അന്നേരം മുതൽ കാരണം ഇല്ലെങ്കിൽ മുകളിലേക്ക് പോകേണ്ട കാൽസ്യം ഓക്സലൈറ്റ് തുറന്നു വെച്ച് വേവിക്കാത്തതുകൊണ്ട് തണുത്ത അതിൽ തന്നെ വീണ് കിടക്കിയാൽ ആ കാൽസ്യം ഓക്സലൈറ്റ് സ്റ്റോൺസ് ഉണ്ടാവും മനസ്സിലായില്ല രണ്ട് മൂന്ന് തവണ ചിലർക്കുണ്ടാവുകയില്ല അവൻ ഈ കാൽസ്യം ഓക്സലൈറ്റ് അവൻ അടിഞ്ഞു പള്ളരുതായി അത് ശരീരത്തിൽ വലിയ നല്ല അഗ്നിബലമുള്ളവൻ എന്ത് കഴിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അഗ്നിബലമുള്ളവനോട് പഥ്യമൊന്നും പറഞ്ഞുകൊടുക്കരുത് അവനെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്രുത് അഗ്നിബലമുള്ളവനോട് അഴിച്ച് പൂസ എന്ന് പറയും അത്ര അല്ലാതെ അവനീ കൊഴപ്പമൊന്നും സംഭവിക്കില്ല കുഴപ്പം തുടങ്ങിക്കഴിഞ്ഞാലാണ് പ്രശ്നം മനസ്സിലായില്ല ഇത് ആരെങ്കിലും ഒരു വീട്ടിൽ വരും അവനൊന്നും ദഹിക്കുകയില്ലാത്തത് കൊണ്ട് അവൻ കുറേ നിയമങ്ങൾ കുറയും പറഞ്ഞ് മനസ്സിലായില്ല അത് കണ്ട് അനുകരിക്കാൻ നിങ്ങൾ ഉണ തയ്യാറാവും ഇഡലി മറ്റു നിന്ന പിള്ളേര് അര ഇഡലി നിന്നൊരു സയന്റിസ്റ്റിനെയോ കാരണം ഇവന് ജയിക്കിണ്ടിട്ടാണ് ഇഡലി തൊട്ട് മന്ത്രം ജവിച്ചിട്ട് അതെന്നൊരു അറ്റൊടിച്ച് വായി വെക്കുന്ന സന്യാസിയെ ഒന്ന് കണ്ടാൽ പിറ്റേക്കും പോലും ഇയാളെ അനുകരിക്കാൻ പോകും ആഹാരത്തിന് ആരെയും meet is anya siram alum aneyikiradu veedi palliyil esam varu angereyum aneyikiradu manasile illa ivaru ningal munpe irunavar alla njangal ok ningal munpe irumbathillavalla salathatti kaniyal we are eating like bulls and acting like devils <laughs>